പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു സുബഹാനഹുവായാല്ക്ക് സർവ്വസ്തുതിയും രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ചിറകുകളുള്ള മലക്കുകളെ ദൂതന്മാരാക്കി മാറ്റിയവൻ അവൻ സൃഷ്ടിപ്പിൽ അവനുദ്ദേശിക്കുന്നത് അവൻ വർദ്ധിപ്പിക്കുന്നു തീർച്ചയായും അള്ളാഹു സുബഹാനഹുവായാല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്